എല്ലാവർക്കും എൻ്റെ പ്രണാമം നിർവൃതി പഞ്ചകമാണ് നമ്മൾ ഇന്നുമുതൽ ചർച്ച ചെയ്യുന്നത് പരമമായ മോക്ഷസുഖമാണ് നിർവൃതി ഈ നിർവൃതി ആർക്കാണ് ലഭിക്കുക എന്നതാണ് ഈ കൃതിയിൽ വ്യക്തമായി വിവരിക്കുന്നത് വ്യവഹാര രംഗത്ത് എല്ലാ ഭേദചിന്തകളും പൂർണ്ണമായി അവസാനിച്ച ആൾക്കാണ് നിർവൃത്തി ലഭ്യമാകുക ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തിരുവണ്ണാമല ചെന്ന് രമണ മഹർഷിയെ ദർശിക്കുകയുണ്ടായി മഹർഷി ഏതാണ്ട് ഈ നിർവൃതി അനുഭവിച്ചിരിക്കുന്നതായിട്ടാണ് ഗുരുദേവന് തജ്ഞത് തുടർന്ന് മഹർഷിയുടെ അടുക്കൽ കുറേ ഇരുന്നു അവർ തമ്മിൽ വിശേഷിച്ചൊന്നും സംസാരിച്ചില്ല ഒടുവിൽ മഹർഷി ഭക്ഷണത്തിന് എണീറ്റ് പോയി അപ്പോൾ ഗുരുദേവനോട് നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു അതനുസരിച്ച് ഗുരുദേവനും പോയി ഭക്ഷണം കഴിച്ചു തിരിച്ചുവന്ന് മഹർഷിയെക്കുറിച്ച് തിരുവണ്ണാമലയിലെ ഡയറിയിൽ അപ്പോൾ തന്നെ എഴുതിയിട്ട് അഞ്ച് ചെറുപദ്യങ്ങളാണ് ഈ കൃതിയിൽ അടങ്ങിയിട്ടുള്ളത് കൃതി മുഴുവൻ എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ താഴെയായി ഗുരുദേവൻ ഇങ്ങനെ ഒരു ശ്ലോകവും എഴുതി ചേർത്തു ഇത്യാദി വാദോപരതം മഹന്തം പ്രശാന്തഗംഭീരനിജസ്വഭാവം ശോണാചലേ ശ്രീരമണം നിരീക്ഷ്യ പ്രോവാചനാരായണ സംയമീ നിരഹ ഇങ്ങനെ ലൗകികരംഗത്ത് എല്ലാ ഭേദചിന്തകളും അവസാനിച്ചവനും പ്രശാന്തവും ഗംഭീരവുമായ ആത്മാനുഭവത്തിൽ മൊഴുകിയിരിക്കുന്നവനുമായ രമണ മഹർഷിയെ ആ സോണാദ്രിയിൽ കണ്ടിട്ട് നാരായണ മുനീന്ദ്രൻ ഇപ്രകാരം കുറിച്ചിട്ടു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഈ ജഗത്തിൻ്റെ പരമ അഖണ്ഡവും നിശ്ചലവും ആനന്ദസ്വരൂപവുമായ ബോധമാണ് അതിലാണ് ഉണ്ടായി മറയുന്നതായി തോന്നുന്ന ജഡജഗത്ത് കാണപ്പെടുന്നത് ജഡജജഗത്ത് ഉണ്ടായി മറയുന്നതായി കാണപ്പെടുന്നു ഖണ്ഡം ഖണ്ഡമായി സ്ഥിതി ചെയ്യുന്നു സദാ ചലനമാണ് ജല ജഗത്തിൻ്റെ സ്വഭാവം ദുഃഖമാണ് ജഗത്തിൽ അധികവും അനുഭവപ്പെടുക ഇതൊന്നും തന്നെ പരമമായ സത്യസ്വരൂപത്തിൽ സംഭവിക്കുകയേ വയ്യ അചഞ്ചലമായ സത്യത്തിൽ കർമ്മരൂപത്തിലുള്ള ചലനം എങ്ങനെയാണുണ്ടാവുക അചഞ്ചലതയും ചലനവും ഒരുമിച്ച് നിൽക്കുമോ പരസ്പരവിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ ഒരിക്കലും സാധിക്കില്ല അഖണ്ഡമായ ബ്രഹ്മം അതിൽ ഖണ്ഡം ഖണ്ഡമായി കാണപ്പെടുന്ന ജഗത്ത് എങ്ങനെ നിലനിൽക്കാനാണ് അതുപോലെ ആനന്ദസ്വരൂപമാണ് ബ്രഹ്മം അതിൽ ഉണ്ടെന്ന് തോന്നുന്ന ജഗത്ത് അധികവും ദുഃഖമയമാണ് ആനന്ദവും ദുഃഖവും പരസ്പരവിരുദ്ധമാണ് അതുകൊണ്ടും ആനന്ദവും ദുഃഖവും ഒരുമിച്ച് നിൽക്കുകയെ സാധ്യമല്ല ഈ നിലയിലൊക്കെ ആലോചിക്കുമ്പോൾ ബ്രഹ്മത്തിൽ ജഡജഗത്തിന് യഥാർത്ഥത്തിൽ ഉണ്ടായി നിലനിൽക്കാനേ സാധ്യമല്ല പക്ഷേ ഉണ്ടെന്ന് തോന്നുന്നത് അതെ അതാണ് നമ്മുടെ ചർച്ചാ വിഷയം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും ഭ്രമം ഭ്രമത്തിനൊട്ടേറെ ദൃഷ്ടാന്തങ്ങളുണ്ട് മരുഭൂമിയിൽ നട്ടുച്ചയ്ക്ക് സൂര്യഗ്രഹണം തട്ടുമ്പോൾ കാനൽ ജലം കാണപ്പെടുന്നു വലിയൊരു സരസ് അലയടിക്കുന്നതായി തന്നെ തോന്നുന്നു പക്ഷേ അവിടെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലെന്നുള്ളതാണ് വാസ്തവം അതുപോലെ സന്ധ്യാസമായിട്ട് നടന്നു പോകുമ്പോൾ വഴിയിൽ കിടക്കുന്ന ഒരു കയറിൽ സർപ്പം ഉണ്ടെന്ന് തോന്നുന്നു ഇതും ഈ ഭ്രമ അനുഭവത്തിന് ദൃഷ്ടാന്തമാണ് അതുപോലെയാണ് ബ്രഹ്മത്തിൽ ജഗത്ത് ഉണ്ടെന്ന് തോന്നത് നാം സ്വപ്നം കാണുന്നു സ്വപ്നം ഈ ജഗത്തിൻ്റെ ഒരു ചെറിയ മാതൃകയാണ് സ്വപ്നത്തിൽ ദേശകാലങ്ങളുൾപ്പെടെ പ്രപഞ്ചമായി കാണപ്പെടുന്ന എല്ലാം നമുക്ക് അനുഭവപ്പെടുന്നു പക്ഷെ ഉണരുമ്പോഴോ ഒന്നുമില്ലായിരുന്നു സ്വപ്നം കണ്ടയാളില്ല സ്വപ്നത്തിൽ അനുഭവിച്ച പദാർത്ഥങ്ങൾ ഒന്നും തന്നെ ലേശവുമില്ല പരമസത്യം സാക്ഷാത്കരിച്ച് അഖണ്ഡ നിശ്ചല ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച് അനുഭവിക്കുന്ന ഒരു ജ്ഞാനിക്കും ഒരു ജീവൻ മുക്തനും ഇതുപോലെ ഈ ചഞ്ചല ജഗത്ത് ഇല്ലാതായിത്തീരുന്നു ഇല്ലാതായിത്തീർന്ന ജഗത്തിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കാൻ ഒരുപക്ഷെ ആ അനുഭവത്തിൽ നിന്ന് അല്പം ഒന്നുണർന്ന് ശരീരവുമായി വ്യവഹാരദിശയിൽ കഴിഞ്ഞുകൂടുമ്പോൾ പോലും ജീവൻ മുക്തന് ഈ അനുഭവദാർഘ്യം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല മരുഭൂമി മുഴുവൻ നടന്നു നോക്കി അവിടെ ഒരു തുള്ളിവെള്ളവും ഇല്ലെന്ന് അനുഭവിച്ച ഒരാൾക്ക് വീണ്ടും മരുഭൂമിയുടെ അറ്റത്ത് ചെന്ന് നോക്കിയാൽ വെള്ളമുണ്ടെന്ന് തോന്നാം പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുഭവമോ ഒരു തുള്ളിവെള്ളവും ഇല്ലെന്നാണ് ഇല്ലാത്ത വെള്ളത്തെയാണ് അദ്ദേഹം കാണുന്നതെന്ന് നല്ലവണ്ണം അറിയുന്നു അതുപോലെ ഇല്ലാത്ത ജഗത്തിന് ആണ് ശരീരത്തിലിരിക്കുമ്പോൾ ഒരു ജീവൻ മുക്തനും കാണുന്നതെന്ന് അദ്ദേഹം നല്ലവണ്ണം അനുഭവിക്കുന്നു ജഗത്തായി കാണപ്പെടുന്നതിലൊന്നും തന്നെ ഉള്ളതല്ലെങ്കിൽ പിന്നെ അവിടെ ഭേദചിന്തയ്ക്ക് എന്ത് ഒന്നിലും ഭേദചിന്തയില്ല വ്യക്തികളില്ല ജാതികളില്ല മതങ്ങളില്ല കർമ്മങ്ങളില്ല അകവും പുറവുമില്ല എന്നല്ല ഒരു ജഗത്തും അവിടെ ഇല്ല അങ്ങനെ എല്ലാവിധ ഭേദചിന്തകളും അസ്തമിച്ച് ആത്മാനന്ദത്തിൽ തന്നെ ഒരു ജീവൻ അവസ്ഥയാണ് ഗുരുദേവൻ ഈ നിർവൃത്തി വഞ്ചത്തിൽ ചർച്ച ചെയ്യുന്നത് ബ്രഹ്മം മാത്രമേ ഉള്ളൂ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അഖണ്ഡബോധം ആനന്ദസ്വരൂപമായ ബോധം നിശ്ചലബോധം അതല്ലാതെ ലേശം പോലും മറ്റൊരു വസ്തു ഇവിടെ ഇല്ല ഇപ്പോൾ ഇവിടെയാണ് ചില ചോദ്യം ഇവ മരിക്കുന്നു ബോധം ശരീരം വിട്ടുപോകുന്നു അപ്പോൾ ആ ബോധം ഇവിടെ നിൽക്കും ഈ ബ്രഹ്മത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ ഈ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല എന്തുകൊണ്ടെന്ന് ജഡരീരങ്ങളെല്ലാം ബ്രഹ്മത്തിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന കുറേ നിഴലുകളാണ് ഇല്ല ശരീരമില്ല അന്തിമമായി സത്യം സാക്ഷാത്കരിക്കുമ്പോൾ ബ്രഹ്മം മാത്രമേ ഉള്ളൂ ശരീരങ്ങളൊക്കെ നമ്മുടെയൊക്കെ ശരീരം മാത്രമല്ല സൂര്യചന്ദ്രാതി ശരീരങ്ങൾ പോലും അവിടെ ഇല്ലേയില്ല പിന്നെ മരുഭൂമിയിലെ വെള്ളം പോലെ കാണുന്ന കാഴ്ച മരുഭൂമിയിലെ വെള്ളം വിട്ടുപോകുമ്പോൾ മരുഭൂമി എവിടെ നിൽക്കും എന്ന് ചോദിക്കുമ്പോഴാണ് മരുഭൂമിയിലെ കാനൽ ജലം ഇല്ലാതായാൽ മരുഭൂമി എവിടെ നിൽക്കും അപ്പോൾ കാനൽ ജലമാണ് ഇല്ലാത്തത് അതൊരിക്കലും ഇല്ല അത് വിട്ടുപോവാനുമില്ല വരാനുമില്ല നമ്മളിപ്പോൾ ശരീരം വരുന്നു വിട്ടുപോകുന്നു ജനിക്കുന്നു മരിക്കുന്നു ഒക്കെ വെറും ഭ്രമം വെറും ഭ്രമം ഇത് ഗീതയും ഗുരുദേവനും ഒക്കെ ഭംഗിയായിട്ട് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഭ്രമം പോകുമ്പോൾ വസ്തു എവിടെ നിൽക്കും എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല വസ്തുവിലാണ് ഭ്രമം ഭ്രമമില്ലാത്തത് വസ്തു ഉള്ളത് വസ്തു അഖണ്ഡ ബോധമാണ് എന്നും നിറഞ്ഞു നിൽക്കുന്ന ബോധം തൽക്കാലം നമുക്ക് ഈ ഭ്രമമുള്ളത് കൊണ്ട് ആ വസ്തു നമ്മുടെ ശരീരത്തിൽ വേർപെട്ട് അനുഭവിക്കുന്നത് പോലെ തോന്നുന്നു ഞാൻ ഞാൻ എന്നിങ്ങനെ വേർപെട്ട് അനുഭവിക്കുന്നതുപോലെ തോന്നുന്നു അങ്ങനെ ഒരു വേർപാടുമില്ല ആകെ ഒരേ ഒരഖണ്ഡ ബോധം മാത്രം എങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു അതാണ് പ്രപഞ്ചത്തിൻ്റെ പരമ കാരണം ഈ ബോധവസ്തുവിനെ ഒരാൾ അനുഭവിക്കുന്നുവെന്ന് കരുതുക അല്ലെങ്കിൽ യുക്തിയുക്തമായി ബുദ്ധിക്കെങ്കിലും ആ ബോധവസ്തുവിനെ പിടികിട്ടി എന്ന് കരുതുക അങ്ങനെ പിടികിട്ടിയാൽ പിന്നെ ഞാനും ആ ബോധമാണ് ഞാൻ മാത്രമേ ഉള്ളൂ ഇത് വിവേകാനന്ദ സ്വാമി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പ്രഖ്യാപിക്കുന്നതല്ലേ ഞാൻ വിവേകാനന്ദ ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ അടുത്ത കാലത്ത് ആധുനിക ശാസ്ത്രവും ഒക്കെ പഠിച്ച് സ്വാംശീകരിച്ച നമ്മുടെയൊക്കെ ആദരണീയനായ വിവേകാനന്ദ സ്വാമി അപ്പോൾ അദ്ദേഹം പോലും എന്ത് പറയുന്നു കുഞ്ഞേ ഞാനില്ല നീയില്ല ജഗത്തില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമേ ഞാനിത് വ്യക്തമായി അനുഭവിക്കുന്നു സാറേ ഇങ്ങനെ ഈ പ്രപഞ്ചമൊക്കെ ഇല്ല എന്ന് പറഞ്ഞു കളയുന്നതൊരു കഷ്ടമല്ലേ അല്ല ഇപ്പം എന്തു ചെയ്യാനും ഉള്ള സത്യം പറയാതിരിക്കാൻ പറ്റുമോ കഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങൾ ഇല്ലയെന്നനുഭവിക്കേണ്ട ഉള്ളത് ഉണ്ടെന്ന് അനുഭവിച്ചുള്ളൂ ശാസ്ത്രീയമായ പരമസത്യം ആർക്കും ഒരു കാലത്തും നിഷേധിക്കാനൊക്കാത്ത സത്യം അത് സത്യമാണെന്ന് തെളിഞ്ഞു പോയാൽ പിന്നെ ആ സത്യം പറയാതെ അതിൻ്റെ വരെ എന്താ വരെ എന്ത് പറഞ്ഞാലും കള്ളം എന്ത് പറഞ്ഞാലും കൃഷ്ണൻ തന്നെ ഭാഗവത്തിൽ പറയുന്നുണ്ട് കിം ഭദ്രം കിം അഭദ്രം ആ ദ്വൈതസ്യ അവസ്ഥനക്കിയ ഇല്ലാത്ത ദ്വൈതത്തിൽ എന്ത് മംഗളം എന്തളം ഇത് കൃഷ്ണൻ പറയുന്നതാണ് എന്ത് വാചോലിതം തത് അനർത്ഥം നിങ്ങൾ വാക്കുകൊണ്ട് മിണ്ടിയാൽ കള്ളം മനസ്സാധ്യാതമേ വെച്ച മനസ്സുകൊണ്ട് ധ്യാനിച്ചാൽ കള്ളം ഇതാണ് സ്ഥിതി അങ്ങനെ ഒരു സത്യമുണ്ട് അങ്ങനെ ഒരു സത്യമേ ഉള്ളൂ ശാസ്ത്രീയമായ വിചാരത്തിലൂടെ ഒരാൾക്ക് ബുദ്ധിക്കെങ്കിലും ഉറപ്പ് വന്നു എന്ന് കരുതുക ഒരു സത്യമേ ഉള്ളൂ ഇനി എന്ത് സംസാരിക്കാൻ സംസാരിച്ചോളൂ പക്ഷേ ഇതറിഞ്ഞോണ്ട് ഇപ്പോൾ ഒരാളിവിടെ വരുന്നു എന്താ നിങ്ങളുടെ നാടേത സത്യദർശി ഗൗരവപൂർവ്വം ആ ചോദിക്കുകയില്ല നമുക്ക് വ്യവഹാരത്തിൽ ഭ്രമത്തിലാണെങ്കിലും വ്യവഹാരം നടന്നു പോവാൻ അത്തരം ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കേണ്ടി വന്നേക്കാം ഒരു സത്യദർശിയും ചോദിച്ചു എന്ന് വന്നേക്കാം പക്ഷെ അതൊക്കെ ഇതറിഞ്ഞുകൊണ്ടൊന്നുമില്ല ഒരു നാടകം ഗുരുദേവൻ പറയും പോലെ ഹോ ഒരാൾ മുമ്പിൽ വന്നു ആളും താനും ഒന്നാണ് എന്ന് നല്ല ഉറപ്പുണ്ട് ഈശ്വരാസനിലും സർവം എങ്കിലും ഒരു നാടകാഭിനയം പോലെ നിങ്ങൾ നീ എവിടെ നിന്ന് വരുന്നു ഏതാണ് നിങ്ങളുടെ നാട് എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചു എന്ന് വരാം പക്ഷെ ഒരു സത്യ ദരിശി അത് ചോദിക്കുമ്പോൾ പോലും ചോദിക്കേണ്ട ആവശ്യമില്ല എത്തും ഒരു വസ്തുവേ ഉള്ളൂ എന്നറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു മറ്റുള്ളവർ അതറിയാതെ ചെയ്യുന്നു അങ്ങനെ അറിയാതെ ചെയ്താൽ എന്താ പറ്റുന്നത് ഇപ്പോൾ ഒരാളിനോട് ചോദിച്ചു നിങ്ങളുടെ ദേശമേതാ നമുക്കിഷ്ടമില്ലാത്ത ഒരു ദേശത്തു നിന്നാണ് അയാൾ വരുന്നതെങ്കിൽ അപ്പം തുടങ്ങും അയാളോട് വിരോധം വിരോധം തുടങ്ങും നമുക്കിഷ്ടമില്ലാത്ത ഒരു ദേശമാണ് ഞങ്ങളുടെ ജാതി എന്താ നമുക്ക് ഇഷ്ടമില്ലാത്ത ജാതി ആ ജാതി പറഞ്ഞാൽ അപ്പം തുടങ്ങും അയാളോട് വിരോധം ഇതാണ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടാകുന്ന എന്താ രാഗദ്വേഷങ്ങൾ വർദ്ധിപ്പിക്കുക മിക്കവാറും രാഗദ്വേഷങ്ങൾ വർദ്ധിപ്പിക്കുക ഭേദചിന്ത വളർത്തുക ീ ചോദ്യം എവിടെ അവസാനിക്കുന്നു ഈ ഒന്നേ ഉള്ളൂ എന്നുള്ള പരമസത്യം കണ്ടെത്തുന്നത് വരെ ഈ ചോദ്യം അവസാനിക്കില്ല ഇത് മനുഷ്യർ മനുഷ്യരോട് ചോദിക്കുന്ന ചോദ്യം മാത്രമല്ല ശാസ്ത്രജ്ഞന്മാർ പ്രപഞ്ചഘടകങ്ങളോട് പോലും ചോദിക്കുന്ന ചോദ്യം സൂര്യൻ എവിടെ നിൽക്കുന്നു ഒരു വലിയ ശാസ്ത്രജ്ഞൻ ചോദിക്കുകയാണ് ആരോട് ചോദിക്കുന്നു വെറുതെ സൂര്യനോട് ചോദിക്കും പോലെ സൂര്യൻ എവിടെ നിൽക്കുന്നു എന്ന് പിടിയിട്ടും ഒന്നും പിടിയിട്ടില്ല അക്കാര്യമാണ് ഇത്തരം ലൗകിക ചർച്ചകൾ എന്നേക്കുമായി ആരിൽ നിന്നും വിട്ടുപോയോ അദ്ദേഹം മാത്രമാണ് മോക്ഷസുഖം അനുഭവിക്കുന്നയാൾ അപ്പം മോക്ഷസുഖം അനുഭവിക്കണമെങ്കിൽ ഇത്തരം ലൗകിക ചർച്ചകൾ നമ്മളിപ്പം നേരം വെളുത്ത മുഴുവൻ ലൗകിക ചർച്ചകൾ സാഹിത്യം രാഷ്ട്രീയം ഒക്കെ ഇതാണ് ഒക്കെ അജ്ഞതയുടെ ചർച്ചകൾ ഇല്ലാത്തതിൻ്റെ ചർച്ചകൾ കേട്ടാൽ ദേഷ്യം എന്ത് ചെയ്യാം ഇല്ലാത്തതാണ് ഇത് വേദാന്ത ഡിണ്ടിമ ഇത് വേദാന്തത്തിൻ്റെ പെരുമ്പറഘോഷമാണ് ത്യം ജഗൻ മിഥ്യ ജഗത്തില്ല ജഗത്തില്ല ജീവോ ബ്രഹ്മൈവ നിങ്ങളിൽ അനുഭവിക്കുന്ന ജീവൻ ഞാൻ ബ്രഹ്മം തന്നെ തൽക്കാലം ഭ്രമം കൊണ്ട് പ്രത്യേക ഒരു ബോധമാണെന്ന് തോന്നുന്നു അങ്ങനെ ഇല്ല ഞാൻ ബ്രഹ്മം തന്നെ ജീവോ ബ്രഹ്മൈവ നാപര അനയനവേദ്യം സത്ശാസ്ത്രം സത്യത്തെക്കുറിച്ചുള്ള ശാസ്ത്രം ഇത്രയും കൊണ്ട് തീരുന്നു എന്ത് ഗംഭീരമായ പ്രഖ്യാപനം ചന്ദ്രനിലും സൂര്യനിലും പോകുന്നവർ ഈ ശ്ലോകം കൂടി പഠിച്ചിട്ട് പോകട്ടെ എന്നിട്ട് അതിനെതിരായി വല്ലതും കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത് പ്രഖ്യാപിക്കട്ടെ ഇതെത്രയോ കാലമായി പ്രഖ്യാപിച്ചിട്ട് ഈ സത്യം നിരന്തരം ഋഷീശ്വരന്മാർ സാക്ഷാത്കരിച്ചനുഭവിക്കുന്നു അപ്പോൾ ഒരാൾ പ്രപഞ്ചമില്ല ഇപ്പം ഗുരുദേവൻ പറഞ്ഞു മരണവുമില്ല ഉറപ്പുമില്ല വാഴവും ഒന്നുമില്ല ആത്മോപദേശത്തിൽ നമ്മൾ വായിച്ചതല്ലേ മരുവിൽ അമർന്ന മരിച്ച് നീരുപോലും നെൽപ്പൊരു ഇതൊക്കെ വെറും മരുഭൂമി ഇലക്കാനൽ ജലം പോലെ പൊരുളല്ല സത്യമല്ല അപ്പോൾ അവരെ കണ്ടെത്തി ശ്രുതി യുക്തി അനുഭവങ്ങളിൽ അല്ലാതെ വെറുതെ പറഞ്ഞല്ല ഉപനിഷത്ത് ഇത് പ്രഖ്യാപിച്ചു യുക്തിചിന്ത ചെയ്തു നോക്കി ഒടുവിൽ അനുഭവിച്ചു നോക്കി സ്പഷ്ടമായി തെളിഞ്ഞു അവരത് പ്രഖ്യാപിക്കുന്നു ആ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എവിടെ അബദ്ധം വരില്ലേ ലോകത്തിൽ ജനങ്ങൾക്ക് കേട്ടാൽ തോന്നും ജനങ്ങളൊക്കെ ഒരബദ്ധമില്ലാതെ ഇപ്പോൾ ജീവിച്ചു പോവുകയാണ് ഇത് പറഞ്ഞാൽ അബദ്ധം വരുന്നെങ്കിലേ കുഴപ്പമുള്ളൂ എന്നുവെച്ചാൽ ഇപ്പോൾ വലിയ അബദ്ധമുണ്ടോ നേരം വളിത്ത ഇരട്ടുന്നത് ഒരേ ആത്മഹത്യയല്ലേ എന്താബദ്ധം അപ്പോൾ പെട്ടെന്ന് കേട്ടിട്ടപ്പോൾ ഇതൊക്കെ ഇവിടെ കർമ്മത്തെ നിരുത്സാഹപ്പെടുത്തി കളയും അത് ശരിയാണ് കർമ്മത്തെ നിരുത്സാഹപ്പെടുത്തേണ്ട നേരം വളിത്ത ഇരുട്ടുന്നത് ഒരേ കർമ്മം ചെയ്യൂ അവസാനാശ്വാസത്തിലും കുറെ കർമ്മം ചെയ്യൂ എന്ത് കിട്ടിയെന്നും കൂടെ ുഃഖം മാത്രം കർമ്മം ചെയ്ത് ചെയ്ത് പണം ഉണ്ടാക്കി അതുണ്ടാക്കി ഇതുണ്ടാക്കി അവസാന ശ്വാസം എന്തൃപ്തി ഉണ്ടോ എന്ത് കിട്ടി ഇതിൻ്റെ ഒന്നും അർത്ഥം ഇത്തരം ചർച്ച വേണ്ടെന്നോ കർമ്മം ചെയ്യേണ്ടെന്നോ പണം ഉണ്ടാക്കേണ്ടെന്നോ നേരെ ഒന്നുമല്ല ഈ സത്യം കൂടി അറിഞ്ഞുകൊണ്ട് ചെയ്യൂ എന്തിന് ദുഃഖമില്ലാതെ പ്രവർത്തിക്കാം യുദ്ധ സ്വവിഗതജ്വര എന്നാണ് കൃഷ്ണൻ എടോ യുദ്ധം ചെയ്യൂ അതാണ് കർമ്മം യുദ്ധം ചെയ്യൂ പക്ഷേ ദുഃഖിക്കാതെ കർമ്മം ചെയ്യൂ വേറെ എന്ത് വഴി കൊണ്ട് ദുഃഖിക്കാതെ കർമ്മം ചെയ്യാൻ പത്ത് മണിമാളിക പണിഞ്ഞു ഇരുപത് മാരുതിക്കാരുകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ എന്തോ ഉണ്ടല്ലോ ഹോൺ എന്തോ കാറ് മേടിച്ചു എനിക്ക് പിടിയില്ലേ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ കേറു ദുഃഖിക്കാതെ മരിക്കാൻ പറ്റുമോ അതൊന്നും വാങ്ങേണ്ടതെന്നല്ല അതിൻ്റെ കൂടെ ദുഃഖമില്ലാതെ ജീവിതം അവസാനിപ്പിക്കാൻ കൂടി സത്യം ശാസ്ത്രീയമായ സത്യം കൂടി കൂട്ടിച്ചേർക്കും എന്നിട്ടെങ്ങ് യുദ്ധം ചെയ്യുകയോ ചന്ദ്രനിപ്പോ പോവുകയോ സൂര്യന് പോവുകയോ എന്ത് വേണോ ചെയ്തോളൂ ഇതാണ് രമണ മഹർഷിയും ഗുരുദേവനും നമ്മോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ നിർവൃത്തി പഞ്ചത്തിലെ ആദ്യത്തെ ശ്ലോകം തന്നെ നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം കോമാമദേശ കാതി പ്രവൃത്തിയാദി വാദോപരത്തിൽ യസ്യ തസ്യവ നിർവൃത്തി കോമാമദേശ ഏതാ നിങ്ങളുടെ നാട് ഒരാൾ വന്നു അല്ലെങ്കിൽ പ്രപഞ്ചഘടകങ്ങളെ കണ്ടു ഇതെവിടെ നിൽക്കുന്നു നിങ്ങളുടെ നാടേതാണ് എന്നാളിനോട് ചോദിക്കുന്നു കോളാമദേശ കാജാതി നിങ്ങളുടെ ജാതി എന്താണ് പ്രവൃത്തിക്ക എന്താ ഇപ്പം എന്താ ജോലി ഇതൊക്കെ നമ്മളെ നമ്മളൊക്കെ ചോദിക്കുന്നതാണ് അപ്പം നാളെ ഇതൊന്നും ആരോടും ചോദിക്കരുതെന്നാണോ അല്ല പരമസത്യം സാക്ഷാത്കരിച്ചിരിക്കുന്ന ആളിൽ ചോദിക്കില്ല അത് ഇതിനിപ്പോൾ ചോദിച്ചിട്ടെന്ത് വേണം ഇല്ല പിന്നെ ആളിൻ്റെ ചോദിക്കാനാണോ ഈ ലൗകിക രംഗത്ത് വ്യവഹാരം മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ചോദിക്കാം ഒരു രോസുമില്ല ഇല്ലാത്തതെന്നറിഞ്ഞോണ്ട് നാടകത്തിലെ അഭിനയം ചോദിക്കും ഒരു കുഴപ്പവും ഇല്ല അപ്പൊ കോനാമജാതിഹി കോനാമദേശ കാജാതിഹി എന്താ ജാതി പ്രവർത്തിക്ക നിങ്ങളുടെ ജോലി എന്താ കിയന്ത് വയഹ നിങ്ങളുടെ വയസ്ത്ര ഇത്യാദി വാദോപര എന്നു തുടങ്ങിയ ലൗകികങ്ങളായ ചർച്ചകൾ വാദം എന്ന് വെച്ചാൽ ഇവിടെ ചർച്ച സംഭാഷണം എന്നേ അർത്ഥമുള്ളൂ ഇങ്ങനെയുള്ള ചർച്ചകൾ സംഭാഷണങ്ങൾ ആരിൽ നിന്നാണോ എന്നേക്കുമായി വിട്ടുപോയത് ചർച്ച ചെയ്താൽ പോലും അത് മരുഭൂമിയിൽ വെള്ളമുണ്ടെന്ന് തോന്നിയാൽ പോലും ഇല്ല എന്ന അനുഭവം അതുപോലെ ഇല്ലാത്ത ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇല്ലാത്ത ചില കർമ്മങ്ങൾ ചെയ്യുന്നു അതിനെന്താ വല്ല ദോഷമുണ്ടോ കൃഷ്ണൻ പോലും പറയുന്ന അതാണ് ഇതൊന്നും എനിക്ക് അർജുന എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല നമേ പാർത്ഥാസ്തി കർത്തവ്യം തൃശുലോകേഷു കിഞ്ചന എനിക്ക് മൂന്ന് ലോകത്തൊന്നും ഒന്നും ചെയ്യാനില്ല അർജുന ഗീതയുണ്ട് എന്താ കാര്യം ഇതാ ഞാൻ മാത്രമേ ഉള്ളൂ എത്രയിടത്ത് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു ഇവിടെ ലോകവുമില്ല കർമ്മവുമില്ല ഒന്നും ഒന്നുമില്ല എനിക്ക് നല്ലവണ്ണം അറിയാം അഹമാത്മാ ഗുടാകേശ സർവഭൂതാശയസ്തി ഞാൻ എല്ലാവരുടെയും സ്വരൂപമായി വർത്തിക്കുന്നു അഹമാലിശ്ച മധ്യമിച്ച ഭൂതാനാം അന്തയേ വച്ച ഞാനാണ് തുടക്കം ഞാനാണ് മത്യൻ ഞാനാണ് ഒടുക്കം ഈ ജഗത്തിൻ്റെ ഇത് കൃഷ്ണ എത്ര ഇടത്ത് പറഞ്ഞു എന്നിട്ടാണ് പറയുന്നത് എനിക്ക് മൂന്ന് ലോകത്തും ഒന്നും ചെയ്യാനില്ല അപ്പം കൃഷ്ണ എനക്ക് മൂന്ന് ലോകമുണ്ട് ഇട മൂന്ന് ലോകമുണ്ടെന്ന് നിനക്ക് തോന്നുന്നു അതുകൊണ്ടി അന്ന് എന്നോട് പറയുന്നു എനിക്ക് മൂന്ന് ലോകത്തും ഒന്നും ചെയ്യാനല്ല എനിക്ക് ലോകമില്ല എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ നമേ പാർത്ഥാസ്തി കർത്തവ്യം തൃശു ലോകേഷു കിഞ്ചെന്ന നാനവാപ്തമവാപ്തവ്യം എനിക്കിവിടെ ഇനി ഒന്നും കിട്ടാനില്ല ആകെ ഞാൻ മാത്രം ഞാനോ ആനന്ദഘനം സർവത്ര നിറഞ്ഞു നിൽക്കുന്നു എനിക്കിനി എന്ത് കിട്ടാനാണ് ഞാൻ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഇനി കർമ്മം ചെയ്യണോ നാനവാപ്തം അവാപ്തവ്യം വർത്തയേ വച്ച കർമ്മണി എങ്കിലും ഞാൻ കർമ്മത്തിൽ വർത്തിക്കുന്നു ആരുടെ ദൃഷ്ടിയിൽ നിൻ്റെ ദൃഷ്ടിയിൽ എൻ്റെ ദൃഷ്ടിയിൽ കൈ ഇല്ലാത്ത കർമ്മത്തിൽ ഞാൻ എന്ത് വർത്തിക്കാനാണ് അവിടെയൊക്കെ വളരെ ശ്രദ്ധിച്ച് കൃഷ്ണൻ പറയുന്ന വാക്കുകൾ മനസ്സിലാക്കണം മൂന്നിലോ അധ്യാനിക്കുന്ന ചാനൽ ഒന്നും കിട്ടാനില്ല എങ്കിലും ഞാൻ കർമ്മത്തിൽ വർത്തിക്കുന്നു എന്ന് പറയുന്നതിന് അർത്ഥം എന്താ അപ്പം ഇത് പരസ്പരവിരുദ്ധമല്ലേ അല്ല അതായത് ഇതറിഞ്ഞോണ്ട് വ്യവഹാരം ഭ്രമം ആ വ്യവഹാരം ശരീരമേൽക്കുന്നിടത്തോളം ഇങ്ങനെയൊക്കെ വ്യവഹരിക്കുന്നു ഭർത്തയ വെച്ച കർമ്മണി ഇതാ നിൻ്റെ തെളിക്കുന്നു പണ്ടിക്കാരൻ്റെ ജോലി മോശമായ ഒരു ഒരു കർമ്മമാണ് എങ്കിലും നിനക്ക് വേണ്ടി ഞാൻ ഇതാ തേര് തെളിക്കുന്നു എനിക്കൊന്നും ചെയ്യാനില്ല എന്നു വെച്ചാൽ ഞാൻ േര് തെളിക്കുന്നെങ്കിലും തേരു തെളിക്കുന്നില്ല ഞാൻ ജനിച്ചതായി നിനക്ക് തോന്നുന്നെങ്കിലും ഞാൻ ജനിച്ചിട്ടില്ല മായ കൊണ്ട് നിനക്കങ്ങനെയൊക്കെ തോന്നുന്നു നീയും ഞാനും ഒന്നു തന്നെ വിഭൂതിയോഗത്തിൽ ആവർത്തിച്ചു പറയുന്നു അർജുന എൻ്റെ വിഭൂതിയാണ് നീ എൻ്റെ വിഭൂതിയാണ് കൃഷ്ണികളിൽ കൃഷ്ണൻ എൻ്റെ വിഭൂതിയാണ് കൃഷ്ണനാണ് ഈ പറയുന്നത് ആ പത്താംധ്യായം വായിച്ചു വൃഷണികളിൽ വെച്ച് കൃഷ്ണനാണ് വിഭൂതി പാണ്ഡവന്മാരിൽ വെച്ച് അർജുനനാണ് എൻ്റെ വിഭൂതി എന്ന് പറഞ്ഞാൽ അതെ ഇതെല്ലാം ഒരുമാതിരി പരസ്പരം അതെ പരസ്പര വിരുദ്ധമാണ് അപ്പോൾ ശ്രദ്ധിച്ചു വേണം ഗീത പോലും മനസ്സിലാക്കാൻ അല്ലാതെ ഞാൻ പതിനെട്ട് അധ്യായവും കാണാതെ പഠിച്ചിട്ട് ഒരു രക്ഷയും ഞാൻ പറയാറുണ്ട് എത്ര അധ്യായം കാണാതെ പഠിക്കുകയോ കാണാതെ പഠിക്കാതിരിക്കുകയോ ചെയ്യുക പക്ഷെ ഈ സത്യം ശാസ്ത്രീയമായ സത്യം കൂടി ഉൾക്കൊള്ളുക ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ പലതില്ല അപ്പോൾ കോന്നാമ ദേശ ഒരാൾ വന്നു നിങ്ങളുടെ ദേശമേത് എന്ന് ചോദിച്ചാൽ അത് ഒരു സത്യദർശിയുടെ ചോദ്യമല്ല അദ്ദേഹത്തിന് ദേശമില്ല മഹർഷി അങ്ങനെ ചോദിക്കാറേ ഇല്ല ഇത് വ്യക്തിയോടുള്ള ചോദ്യം ഇനി നമ്മുടെ വലിയ ശാസ്ത്രജ്ഞന്മാരോ ശാസ്ത്രജ്ഞന്മാർ സൂര്യനെ ഇവിടെ നിൽക്കുന്നു ഇത് ദേശത്തെക്കുറിച്ച് സൂര്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യം പോലെയാണ് അതാണല്ലോ ഇപ്പോൾ ചന്ദ്രനിപ്പോ വിരോധമില്ല അതൊക്കെ ഗംഭീരമായ നേട്ടങ്ങളാണ് നമ്മുടെ പ്രേസ് സയൻറ്റിസ് തന്നെ ഇപ്പോൾ ചന്ദ്രനിപ്പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഒഴിവാക്കാനൊക്കെ അതൊക്കെ ഈ ലോകത്ത് രാജ്യങ്ങൾക്ക് ആവശ്യമാണ് പക്ഷേ ചന്ദ്രനി പോയവർ അതും കൂടെ നോക്കിക്കൊള്ളുക അതൊക്കെ നോക്കിക്കൊണ്ടപ്പോൾ ഒന്നും കിട്ടാനില്ല എങ്കിലും ഞങ്ങളൊന്ന് പോയേക്കാം അങ്ങനെ പോവുക ഒരു ദ്രഹമില്ല ചന്ദ്രനിപ്പോയവർക്കെന്താ വെച്ചിട്ട് കുറച്ച് മണ്ണ് അവിടെ നിന്ന് കൊണ്ടുവന്നാൽ ചന്ദ്രനല്ലെന്നാണ് എന്തൊരു നേട്ടമാണ് കുറച്ച് മണ്ണും കൊണ്ടിങ്ങനെ പിന്നെ പിന്നെ എന്തോന്നു പിന്നെ ഒന്നുമില്ല ഇനി പോകുന്നുമില്ല എന്നു അവിടെ ഒന്നും പോയിട്ടൊന്നും ഒരു പ്രയോജനവും എന്ന ബോക്സുമായി എങ്കിലും നമുക്ക് പോയേ തീരൂ അല്ലാതെ അതൊന്നും പോകണ്ടെന്നോച്ച ഈ ഭ്രമത്തിൽ എന്തൊക്കെ അവിടെവിടെ അഭിനയിക്കാനുണ്ടോ ഭംഗിയായി അഭിനയിക്കുക പക്ഷേ അവിടെ പോയാൽ വിശേഷിച്ചൊന്നും കിട്ടാനില്ല കുറച്ച് മണ്ണേ ഉള്ളൂ പോയവർക്ക് പോലും അത്രയേ ഉള്ളൂ അറിഞ്ഞുകൊണ്ട് പോവുക എന്തുമാത്രം പണമാണതിൽ ചിലവാക്കിയത് അമേരിക്ക ചന്ദ്രനിപ്പോകാൻ ചിലവാക്കിയ പണം ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തെ സകല ദരിദ്രന്മാരുടെയും ദാരിദ്ര്യം ഇല്ലാതാക്കാമായിരുന്നു എന്നാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അവിടെ പോയി ആ ഒരു ജിജ്ഞാസാഗ്രഹം അങ്ങനെയുള്ള ആർക്കെങ്ങനെ നിർവൃതി വരും ചന്ദ്രനിപ്പോയി ഒന്നും കിട്ടിയില്ല ഇനിയിപ്പോൾ എന്താ ചൊവ്വായിൽ പോകണം നിർവൃതിയുണ്ടോ നിർവൃതിയില്ല എന്താ എപ്പോഴും ചൊവ്വായി പോകണം അവിടെ വെള്ളമുണ്ടോ എന്നാണ് ഒരു സംശയം അതൊന്ന് തീർത്തു കിട്ടണം നമുക്ക് ചന്ദ്രനെ ചൊവ്വായിപ്പോയി വളരെ സന്തോഷം അതൊക്കെ പോയേ പറ്റൂ ഈ ഭ്രമതലത്തിൽ ഇതൊന്നും ചെയ്യാതിരിക്കാൻ ആർക്കും പറ്റില്ല സത്യം കണ്ടവർ ചിലപ്പോൾ ചെയ്തില്ല എന്നുവരും ചെയ്തു എന്നും വരും എത്ര എത്ര രാജർഷിമാരാണ് ഇന്ത്യയിൽ ഗംഭീരന്മാരായ രാജർഷികൾ പൂർണ്ണമായി ഈ സത്യം അനുഭവിച്ചുകൊണ്ട് വലിയ യുദ്ധം വരെ നടത്തിയത് ഖഡ്വാങ്കൻ പൂർണ്ണമായ ഈ സത്യം സാക്ഷാത്കരിച്ചുകൊണ്ട് സ്വർഗത്ത് പോയി ഇന്ദ്രന് വേണ്ടി അസുരന്മാരുമായി യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ വിജയം നേടി ഖഡ്വങ്കൻ എന്നാണ് ഭാഗവതം പറയുന്നത് ഖഡ്വാങ്കൻ പറയുന്നത് കുട്ടിക്കാലം മുതൽ ഞാൻ ഈ സത്യത്തെ അല്ലാതെ മറ്റൊന്നും കണ്ടിട്ടില്ല അപ്പം യുദ്ധം ചെയ്തതോ ആരും ഞാൻ യുദ്ധമൊന്നും ചെയ്തില്ല നിങ്ങൾക്കങ്ങനെ തോന്നി ഇപ്പം ഞാൻ എന്താ ചെയ്യുക ഇത് ഖദ്വാങ്കം പറയുകയാണേ ഞാൻ കുട്ടിക്കാലം മുതൽ സത്യത്തെ അല്ലാതെ കണ്ടിട്ടില്ല ഞാനിത് പറയുന്നത് ഈ സത്യമൊക്കെ അറിഞ്ഞു പോയാൽ പിന്നെ ലോകവ്യവഹാരവും കുടുംബകാര്യവും ഒക്കെ അബദ്ധമായി പോവില്ലേ സാർ ഒക്കെ കുഴപ്പത്തിലാവില്ലേ കുഴപ്പത്തിലാവില്ലെന്ന് മാത്രമല്ല അത് ഗംഭീരമായിട്ട് നടക്കും ഗംഭീരമായിട്ട് ന്യായമായിട്ടുള്ളതൊക്കെ ഗംഭീരമായിട്ട് നടക്കും പക്ഷേ അന്യായമായി ഒരു പക്ഷേ നോട്ട് കെട്ടുകയുള്ള മറ്റും വീട്ടിലും അയൽവക്കത്തും ഒക്കെ കൂമ്പാരം കൂട്ടുകയോ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് വരും മറ്റൊക്കെ ഗംഭീരമായിട്ട് നടക്കും ന്യായമായിട്ടുള്ള എന്ത് ശാസ്ത്രജ്ഞൻ സൂര്യൻ്റെ ദേശം നോക്കൂന്നാമ ദേശ ചിന്തിച്ചു നോക്കുക ഇന്നും ശാസ്ത്രജ്ഞൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യൻ്റെ ദേശമേത അത് ഭൂമിയിൽ നിന്നും ഇത്ര കിലോമീറ്റർ ആകല് ഭൂമിയുടെ ദേശമോ സൂര്യനിൽ നിന്നും ഇത്ര കിലോമീറ്റർ ആകല് ചുരുക്കത്തിൽ ഈ രണ്ടിൻ്റെയും ദേശം നിശ്ചയിക്കാനേ സാധ്യമല്ല ഇങ്ങനെ റിലേറ്റീവായിട്ട് ചിലതൊക്കെ പറയാം ഇങ്ങനെ അനന്തകോടി സൗരയൂഥങ്ങളാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അനന്തകോടി സൂര്യന്മാരും അനന്തകോടി ഭൂമികളുമാണ് ഇതിൻ്റെയൊക്കെ ദേശം എവിടെയാണ് നിശ്ചയിക്കുക ഇതൊന്നുമില്ല നിശ്ചയിച്ചത് ഗൗഡപാദാചാര്യരെ പോലെ ഉള്ളവരാണ് സ്വപ്നമായയെ യഥാദൃഷ്ടേ ഗന്ധർവനഗരം യഥാ തഥാ വിശ്വമിതം ദൃഷ്ടം വേദാന്തേഷു വിചക്ഷണയെ അതാ ഗൗഡപാദാചാര്യർ ആദ്യഗംഭീരൻ ഗംഭീരൻ ഇത് വെറും ഒരു സ്വപ്നം അല്ലെങ്കിൽ മായ നിങ്ങൾ സ്വപ്നത്തിൽ ഒരു സൂര്യനെ കണ്ടു സൂര്യനങ്ങനെ ഒപ്പിച്ചു വരുന്നു എവിടെയാണ് ഈ സൂര്യൻ്റെ ദേശം എവിടെ സ്വപ്നത്തിൽ കണ്ടു ഈ സൂര്യൻ്റെ ദേശം എവിടെയാണ് അതുപോലെ തന്നെ ഇവിടെയും കാണുന്നത് സൂര്യന്റെ ദേശം എവിടെയെന്ന് ഇനി ആയിരമായിരം ജന്മം പുറത്തു നിന്ന് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം അതില്ല അഖണ്ഡബോധത്തില് വെറുമൊരു നാമരൂപ പ്രതിഭാസം സ്വർണത്തിൽ ആഭരണ നാമരൂപങ്ങൾ എന്ന പോലെ അഥവാ മരുഭൂമിയിൽ കാനൽ ജലത്തിൻ്റെ നാമരൂപം എന്ന പോലെ ഒരു പ്രതിഭാസം ദേശം പോലും അത്രയുള്ളൂ ഈ അഖണ്ഡ ബോധത്തിൽ ഒരു തോന്നൽ ദേശം വേറെ എന്തുകൊണ്ട് നേരെ മറിച്ച് ദേശമുണ്ടെന്ന് അനുഭവിക്കാൻ ബോധമില്ലെന്ന് വയ്ക്കൂ ഏത് ദേശ എന്താ ദേശം ദേശം എവിടെ നിൽക്കുന്നു സ്പേസ് വേദാന്തിക്ക് മാത്രമേ ഉത്തരം പറയാൻ സാധിക്കൂ ദേശം ഉണ്ടെന്ന് അനുഭവിക്കുന്ന ബോധത്തിൽ നിൽക്കുന്നു ഉപനിഷത്ത് ഈ ചോദ്യമൊക്കെ ചോദിച്ചതാണ് അപ്പോഴാണ് ഈ ഒരു ചോദ്യം ബോധം എവിടെ നിൽക്കുന്നു അതെ ബോധം ഉണ്ടെന്ന് സ്വയം അനുഭവിക്കുന്ന ബോധം ഉണ്മയുടെ അനുഭവത്തിൽ നിൽക്കുന്നു അതിന് നിൽക്കാൻ ദേശത്തിൻ്റെ ആവശ്യമില്ല നേരെ മറിച്ച് ദേശം കാലം മുതലായ എല്ലാറ്റിനും എന്തിനും നിൽക്കണമെങ്കിൽ ബോധം ആവശ്യമാണ് ബോധമുണ്ടെന്ന് അനുഭവിച്ചില്ലെങ്കിൽ ദേശമില്ല അങ്ങനെ കോമാമ ദേശ നമ്മുടെ അടുത്തു വരുന്ന ഒരു വ്യക്തിയോടോ ശാസ്ത്രീയമായ അന്വേഷണത്തിന് മുതിരുന്ന ഒരാൾ അന്വേഷിക്കുന്ന ദേശം ഇത് രണ്ടിനെക്കുറിച്ചും ഒരു സത്യദർശി ചോദിക്കില്ല ഒന്നും ചോദിക്കില്ല എന്നേക്കുമായി ഇത്തരം ചോദ്യം അദ്ദേഹത്തെ വിട്ടുപോയിരിക്കുന്നു കാരണം ചോദിച്ചിട്ട് ഒരു വിശേഷവും ഇല്ല യഥാർത്ഥത്തിൽ അറിയാനൊക്കില്ല ഭ്രമം വർദ്ധിപ്പിക്കാം ഒടുവിൽ ആ ഭ്രമവുമായി മരിക്കാം അതിൽ കൂടുതൽ ഒന്നും സാധ്യമല്ല കോമാദേശ കാജാതി ജാതി മനുഷ്യനിൽ ഉള്ള ജാതിയെക്കുറിച്ച് പറയാനില്ല എത്ര എത്ര കാലമായിട്ടാണ് ജാതിയാണ് ഈ നാട്ടിന് സകല ദോഷവും വലിച്ചു വെച്ചിട്ടുള്ളത് ജാതിഭേദമാണ് അത് എന്നാ തന്നെ കളയൂ എന്തായാലും ഒരു നിമിഷം ഞാൻ ആലോചിച്ചിട്ട് ഈ ജാതി കളയാൻ ഒറ്റ നിമിഷം എന്തായാലും എനിക്ക് ജാതി ഇല്ല ഞാൻ ജാതി അംഗീകരിക്കുന്നില്ല തീർന്നു എവിടെ ഇരിക്കുന്നു ജാതി ഒരിടത്തും ഇല്ല വെറും സങ്കല്പം പക്ഷേ അത് പറ്റുന്നില്ല ആരെയും കുറ്റം പറയുന്നില്ല അത് പറ്റില്ല ജാതി ഉള്ളവർ ജാതി വെച്ചുകൊണ്ടിരിക്കണം ആളുകളെ നന്നാക്കാൻ ശ്രമിക്കണം ഒരു വിരോധവും ഇല്ല അതൊക്കെ നടക്കും മായ അതൊക്കെ നടത്തും എന്നുവെച്ചാൽ ദുഃഖിപ്പിക്കാനായിട്ട് ഉണ്ടായവളാണ് ഈ മായ ഒരിക്കലും മായ അതിൽ നിന്നും വിട്ടുപോകില്ല പിന്നെ ജാതി എന്താ ഇവിടെ ശാസ്ത്രജ്ഞൻ ജന്തുശാസ്ത്രം ഓരോ ജന്തുവിനെയും ജാതി സ്പീഷീസ് എന്നൊക്കെ പറയുമല്ലോ ജാതി ജനിച്ച് അങ്ങോട്ട് വേർതിരിക്കുകയാണ് പക്ഷെ ഇതെങ്ങനെ ഇതെന്ത് ജീത എവിടെ നിന്ന് വന്നു ഞങ്ങൾ ചിലപ്പോൾ ഈ ടി വിയിൽ ഈ വന്യമൃഗങ്ങളെയും സമുദ്ര ജീവികളെയും ഒക്കെ പ്രദർശിപ്പിക്കുന്നത് കാണാറുണ്ട് ഈശ്വര എന്തൊരു അത്ഭുതമാണ് ഈ ജീവികൾ അത്ഭുതം വെച്ചാൽ നമുക്കിത് എങ്ങനെ ഈ ജീവിക്ക് ഈ ശരീരം കിട്ടി അത്ഭുതം എന്ന് വെച്ചാൽ അത്ഭുതം എന്നേ പറഞ്ഞാൽ നോക്കൂ ഏതെങ്കിലും ശാസ്ത്രജ്ഞന് ഇക്കാര്യത്തിൽ ഒരു വിവരണം സാധ്യമാകുമോ അത് വേണമെങ്കിൽ കണ്ടുനോക്കുക അങ്ങനെ ചില ചാനലൊക്കെ ഉണ്ട് ഈ ഓരോ കപ്പൽ പോലെയൊക്കെയാണോ ഓരോ മത്സ്യമൃഗങ്ങളും എന്തെല്ലാം വൈചിത്രങ്ങൾ എന്തെല്ലാം അവയവ വിശേഷങ്ങൾ അഘടിതഘടനാ പടിയസീ മായ നമുക്ക് ഒരിക്കലും ഭാവന ചെയ്യാൻ കഴിയാത്ത രൂപങ്ങളാണ് ആചാര്യസ്വാമികൾ ആദ്യം തന്നെ ബ്രഹ്മസൂത്രത്തിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ മനസാപ്യചിന്തിയ രചനാരൂപസ്യ ഈ പ്രപഞ്ചം എവിടെ ജന്മം സ്ഥിതി ഭംഗം ജന്മാദ്യസ്യത എന്ന സൂത്രത്തെ വിവരിക്കുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ ജന്മവും സ്ഥിതിയും പ്രളയവും എവിടെയുണ്ടായി അഖണ്ഡബോധത്തിൽ ബ്രഹ്മത്തിൽ ഉണ്ടായി അപ്പോൾ അദ്ദേഹം പ്രപഞ്ചത്തെ വിവരിക്കുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് ഈ പ്രപഞ്ചം എത്ര കങ്കേവനായ ഒരു ശില്പിക്കും മനസ്സാപ്യചിന്ത്യരചനാകസ്യ മനസ്സുകൊണ്ട് ഭാവന ചെയ്യാൻ പോലും കഴിയാത്തതാണ് അത്ഭുതം അനന്തകോടി ബ്രഹ്മാണ്ടം അത് പോട്ടെ ഈ ജീവികൾ വന്യജീവികൾ ആന സിംഹം കടുവ മാൻ അങ്ങനെ പോകുന്നു ഇതിൻ്റെയൊക്കെ രൂപം എടാ ആന എപ്പോഴും നമ്മുടെ മുമ്പ് കൂടെ എന്തോന്നാണ് ഈ ആന ആരാണ് ഈ ആനയായിട്ട് ജനിച്ചിരിക്കുന്നത് പൂർവജന്മം വല്ലതും ഉണ്ടോ പൂർവജന്മത്തെന്ത് ചെയ്തയാളാണ് ആനയായിട്ട് ജനിക്കുന്നത് ത്തരം ചോദ്യങ്ങളാണ് ഇത്യാദി വാദോപരധി അത് ജാതിയെക്കുറിച്ച് പറയുകയാണേ ഒരാൾ ആലോചിക്കുകയാണ് നമുക്ക് ഇന്ന രീതിയിൽ ഈ ആനയായിട്ട് ജനിച്ച ആള് ജനിച്ചത് പൂർവജന്മത്തിൽ എന്തായിരുന്നു പൂർവജന്മത്തിൽ ഹിരണ്യ കശിപുവോ അല്ലെങ്കിൽ മറ്റേ ആളോ ഒക്കെ ആയിരുന്നോ തീർത്തു പറയാൻ പറ്റുമോ എന്തെങ്കിലും തീർത്തു പറയാൻ പറ്റുമോ ഏതെങ്കിലും ജീവിയെക്കുറിച്ച് ഇത്തരം അതായത് ജാതി ജാതി ചോദ്യമാണ് ജാതിയൊക്കെ ഇപ്പം തിരിക്കാം നമ്മുടെ കൺമുമ്പിലുള്ളക്കോ ഇത് ഇന്ന ജാതി ഇന്ന ജാതി എന്നൊക്കെ തിരിക്കാം പക്ഷേ രഹസ്യം എന്തെങ്കിലും ഏതെങ്കിലും ശാസ്ത്രജ്ഞനെ തീർത്ത് പറയാൻ കഴിയുമോ ഒരിക്കലും സാധ്യമല്ല അതാണ് മായ യുക്തിഹീന പ്രകാശ സജ്ഞ മായ ലേശം പോലും യുക്തി പറയാനില്ലാത്ത കാഴ്ച എന്തും അമീബ ആനയുടെ കാര്യമൊക്കെ പോട്ടിപ്പോൾ അമീബാണല്ലോ എന്ത വെള്ളത്തിൽ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി വെമ്പൽ കൂടുന്ന ജീവി കുറുമ്പും അമീബയുമൊക്കെ ജീവിക്കാൻ വേണ്ടി അങ്ങനെ പരക്കം പറയുകയാണ് ഈ അമീബ പൂർവജന്മത്തിൽ ആരായിരുന്നു ഒരു ചോദ്യമാണല്ലോ വലിയ ഇവിടെ പൂർവ്വജന്മത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ആചാര്യസ്വാമികൾ പറയുന്ന അന്ധപരമ്പര ഈ ചോദ്യം തന്നെ അമീബയുടെ പൂർവജന്മം എന്തായിരുന്നു അത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് പിടികിട്ടിട്ടുണ്ടല്ലോ അമീബയുടെ പൂർവ്വജന്മം ഈ എനർജിയുടെ വൈബ്രേഷൻ എന്നൊക്കെ പറയാം അത് ശരി ഈ എനർജിയുടെ വൈബ്രേഷൻ ഇതെവിടെ ഉണ്ടാകുന്നു ഇതെന്തിന് ഇതെങ്ങനെ ഉണ്ടാകുന്നു ഈ എനർജി എങ്ങനെയാണ് സ്പന്ദിക്കുന്നത് പ്രാണൻ ഉപനിഷത്തിൽ പ്രാണൻ നിങ്ങളുടെ വേദാന്തിയുടെ മറുപടി എന്താ എനർജി സ്പന്ദിച്ചിട്ടില്ല എന്നാണ് മറുപടി ഇല്ലാത്ത സ്പന്ദനത്തെ നിങ്ങൾ എന്തിനന്വേഷിക്കുന്നു സ്പന്ദിച്ചിട്ടില്ല ഏ പിന്നെ ഉണ്ടെന്ന് തോന്നുന്നത് അത് മരുഭൂമിയിൽ കാനൽ ജലമുണ്ടെന്ന് തോന്നുന്നില്ലേ അതുപോലെ ഇത് സ്പന്ദിച്ചിട്ടില്ലെന്ന് എങ്ങനെ തീരുമാനിക്കാം തീരുമാനിക്കാനെന്താ ഇതെവിടെ സ്പന്ദിച്ചു എന്തിനു സ്പന്ദിച്ചു എപ്പോൾ സ്പന്ദിച്ചു ഈ ചോദ്യത്തിനൊന്നും പുറമേ നിന്ന് നോക്കുന്ന ആർക്കും ഒരു കാലത്തും ഉത്തരം കണ്ടുപിടിക്കാൻ സാധ്യമല്ല അന്തർമുഖമായി അന്വേഷിച്ച ഭാരതീയ ഋഷിമാർക്കോ സ്പന്ദനം നിലയ്ക്കുന്നു സ്പന്ദനം തീർന്നു പിന്നെ ഉള്ളതൊരേ ഒരു ബോധവസ്തു ഇനി സൂര്യൻ തമോകർത്തത്തിൽ നിന്നാണോ അതിനപ്പുറത്ത് നിന്നാണോ അന്വേഷിക്കേണ്ട ആവശ്യമേയില്ല സൂര്യനില്ല ഇല്ലാത്ത സൂര്യൻ എവിടെ ഉണ്ടാകാൻ സുഖചിത അമൃതരാശവും ചിത്തഭേദം വിലീനം സച്ചിദാനന്ദ സ്വരൂപമായ ആ വസ്തുവിൽ ചിത്തഭേദം ചിത്തമാകുന്ന പത വറ്റി വറ്റി മറുവികൽപ്പ സമാധിയിൽ അനുഭവിക്കുന്ന ആ പരബ്രഹ്മസ്വരൂപത്തെയാണ് ആചാര്യസ്വാമികൾ വിവരിക്കുന്നത് സുഖചിതമൃതരാശവും ചിത്രഭേദനം വിലീനം ക്ഷയമധികതയേവ വൃത്തിചഞ്ചത്തരംഗ സങ്കല്പങ്ങളാകുന്ന കൊച്ചു തിരകൾ അടങ്ങി അവിടെ ഇപ്പം തിരയൊന്നുമില്ല ക്ഷയം അധികതയേവ വൃത്തിച്ചരംഗ അപ്പൊ എന്താ ശേഷിച്ചിരിക്കുന്നത് സ്ഥിമിതസുഖസമുദ്രോ ഇതനുഭവമാണ് സ്ഥിമിതസുഖ സമുദ്രോ നിശ്ചലമായ ആ സമുദ്രം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ നിശ്ചലം ചേർക്കുന്നത് ഒരു ആനന്ദ സമുദ്രം നിശ്ചലമായ ഒരു ആനന്ദ സമുദ്രം നിർവിചേഷ്ടക്കമില്ല അനക്കമില്ല സ്ഥിതിമിതസുഖസമുദ്രമോ നിർവിചേഷ്ട മ ദുഃഖം ഇനി എനിക്കെന്ത് ദുഃഖം എന്താ കാര്യം സർവദൈകോഹമസ്മി എപ്പോഴും ഈ ഞാനേ ഉള്ളൂ എപ്പോഴും ഞാനല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല എല്ലാം തീർന്നു എല്ലാം കഥമിക മമ ദുഃഖം സർവദൈകോഹമസ്മി ഇതേ അനുഭവം തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ ചർച്ച ചെയ്തത് അണു അറിവിൻ മഹിമാവിൽ അംഗമില്ലാതണയും ആ മനസ്സ് നിയന്ത്രിച്ചു വരുമ്പോൾ അണു ഈ ചെറിയ ഞാൻ സമുദ്രത്തിലെ ഒരു കുമിള പോലെ അഖണ്ഡബോധത്തിൽ ഉണ്ടെന്ന് തോന്നിയ ഈ ചെറിയ ഞാൻ അറിവിൻ മഹിമാവിൽ ആ അഖണ്ഡബോധത്തിൽ അംഗമില്ലാതണയും വേർപെട്ട നിലപാടുപേക്ഷിച്ച് ലയിക്കും അണു അറിവിൻ മഹിമാവിൽ അംഗമില്ലാതണയും അഖണ്ഡവും അന്ന് പൂർണ്ണമാകും അന്ന് അഖണ്ഡം അഖണ്ഡ ബോധം ബോധമെന്നൊക്കെ പറയാറുണ്ടല്ലോ അന്ന് അനുഭവത്തിൽ അഖണ്ഡവും പൂർണ്ണമാകും നിങ്ങളുടെ ഈ കൊച്ച് ഞാനിനെ അതിൻ്റെ മറമാറ്റി രാഗദ്വേഷം മറമാറ്റി ഒന്ന് ലയിപ്പിച്ചാൽ മതി ഇതാർക്കും അനുഭവിക്കാം ഒരു കുമിള സമുദ്രത്തിൽ പൊന്തി നിൽക്കുമ്പോൾ ആ കുമിളയിൽ നിന്നും നം ഒരിക്കലും വേർപെടുന്നില്ല ആ കുമ്പളകൊന്ന് ലയിച്ചാൽ മതി അതിന് സമുദ്രമാകാം അതുപോലെ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള കൊച്ചു ഞാനിന്ന് ഇപ്പം ലയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഈ തത്വം മനസ്സിലാക്കി വെക്കുക അണു അറിവൻ മഹിമാമിൻ അംഗമില്ലാതണയും അഖണ്ഡവും അങ്ങ് പൂർണ്ണമാകും അനുഭവിയാതറിവില്ല ഇതനുഭവിച്ചാലേ അറിയാനൊക്കൂ അഖണ്ഡമാംചിത് ഖനം ഒരു വിടവുമില്ലാത്ത ീഭവിച്ച അവസ്ഥ അഖണ്ഡം ചുഃഖനമിതു മൗനഖന അമൃതാബ്ധി എന്നാണ് അദ്ദേഹം പറയുന്നത് ആചാര്യസ്വാമികൾ സ്ഥിമിതസുഖ സമുദ്രോ എന്ന് പറഞ്ഞതിന് പകരം മൗനഖന അമൃതാബ്ധി അത് വിവരിക്കേണ്ട ആ പദം ഓർമ്മിച്ചുകൊള്ളുക മൗനഖന അമൃതാബ്ധി അതൊന്നേ ഉള്ളൂ അനുഭവം ഇവിടെ ദേശവുമില്ല കാലവുമില്ല ഭാഗവതം പോലും വിവരിക്കുന്നുണ്ടേ ഭാഗവതം അവിടെ ഈ ഈ അനുഭവം പറഞ്ഞിട്ട് ഭാഗവതം പറയുക ഭക്തിയുടെ പുസ്തകമാണ് എന്നൊക്കെ പറയുന്ന ഭാഗവതം ഈ അഖണ്ഡ സത്യത്തെ വിവരിക്കുന്നു എന്ന എത്ര കാലോ അനിമിഷം പരപ്രഭു അവിടെ ദേവന്മാരുടെയൊക്കെ പരമ പ്രഭുവായ കാലം അവിടെയില്ല ന എത്ര കാലോ അനിമിഷാംബരപ്രഭു ന എത്ര ദേവാ ജഗതാമ്യ ഈശ്വരേ ഉണ്ടെന്നു തോന്നുന്ന പ്രപഞ്ചത്തെ രക്ഷിച്ചു പോരുന്നതായി കരുതുന്ന ദേവന്മാർ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ നത്ര സത്വം നരജസ്തമച്ച അല്ല എങ്കിലും മായയുണ്ടോ മഹായ അവളോടി രക്ഷപ്പെട്ടു ഓടി അവിടെ സത്വുമില്ല രജസ്സുമില്ല തമസുമില്ല ന എത്ര സത്വം ന രജസ്തമസ്റ്റ നമ ഈ വികാരോ അല്ല മനസ്സുണ്ടോ മനസ്സിൻ്റെ കണിക പോലും കാണാനില്ല നവൈ വികാരോ ന മഹാൻ പ്രാണനുണ്ടോ എന്തു പ്രാണൻ ചലനമില്ല നിർവിചേഷ്ടവൈ വികാരോ ന മഹാൻ പ്രധാനം മായയെ കാണാനുണ്ടോ അവിടെ പ്രധാനം എന്ന് വെച്ചാൽ പ്രകൃതി അവിടെയില്ല അവിടെ മായൊന്നുമില്ല പിന്നെയോ ഞാൻ മാത്രം അഖണ്ഡബോധസ്വരൂപമായ ആ പരമാത്മവസ്തു മാത്രം ഇത് സാക്ഷാത്കരിച്ചനുഭവിക്കുന്നു ഒരാൾ ഇതൊക്കെ സാക്ഷാത്കരിച്ചനുഭവിക്കാൻ നോക്കുമോ സാർ പിന്നെ എന്ത് ചെയ്ത് അനുഭവിക്കാൻ നോക്കുന്നത് രാഗദ്വേഷങ്ങളും ഭേദചിന്തകളും അകറ്റി സ്വന്തം ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്നനുഭവിക്കുന്ന ആ ബോധത്തെ ഒന്ന് പിന്തുടരൂ അത് ഇതായി മാറും യാതൊരു സംശയവും വേണ്ട അതനുഭവിച്ചു കഴിഞ്ഞാൽ ചിലർ നിരന്തരമതനുഭവിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കും ശരീരവുമായി ച അവർക്ക് അതനുഭവിച്ചതുകൊണ്ട് പിന്നെ എല്ലാം അത് തന്നെ ദേശവുമില്ല കാലവുമില്ല ഒന്നുമില്ല എല്ലാം ബ്രഹ്മ അതാണ് സർവം ബ്രഹ്മമയം ബ്രഹ്മമല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല കാണുന്നതൊക്കെ അത് തന്നെ കാണുന്നതൊക്കെ അങ്ങനെ നവൈവികാരോ ന മഹാൻ പ്രധാനം അവിടെ പ്രകൃതിയുമില്ല ഒന്നുമില്ല അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ പറഞ്ഞത് കഥനിഹ മമ ദുഃഖം സർവദൈകോഹമസ്മി എപ്പോഴും ഞാനേ ഉള്ളൂ എപ്പോഴും ആ പിന്നെ അല്പം മുമ്പ് ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടെന്ന് തോന്നിയതോ അത് ഇപ്പം മനസ്സിലായി അത് വെറും തോന്നൽ തോന്നൽ വരാം ഈ സത്യം അറിയാതിരിക്കുന്നിടത്തോളം അങ്ങനെ ഒരു തോന്നൽ വരാം ഈ സത്യം അറിഞ്ഞാലോ അറിഞ്ഞയാൾ ഈ സമാധി വ്യുദ്ധാനം വീണ്ടും ശരീരബോധവുമായി ഇവിടെ ജീവിച്ചാലും അദ്ദേഹത്തിന് ഇതൊന്നും ഇല്ല നമ്മൾ പലപ്പോഴും ആ ദൃഷ്ടാന്തം മരുഭൂമിയിൽ കാനൽ ജലം മരുഭൂമി മുഴുവൻ നടന്ന് നോക്കി മനസ്സിലാക്കുക ഒരാൾ വീണ്ടും മരുഭൂമിയുടെ ഒരറ്റത്ത് വന്നു നോക്കിയാൽ അവിടെ വെള്ളമുണ്ടെന്ന് തോന്നും പക്ഷേ അദ്ദേഹം അനുഭവിക്കുന്നത് വെള്ളം കാണുന്നുണ്ടെങ്കിലും അനുഭവിക്കുന്നത് വെള്ളമില്ലെന്നാകും അതുപോലെ ഇവിടെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നും വീണ്ടും ശരീരത്തിൽ വരുമ്പോൾ പക്ഷേ ഈ സത്യം ശ്രുതിയുക്തി അനുഭവങ്ങളിൽ കൂടി അനുഭവിച്ച് കഴിഞ്ഞ ഒരാൾക്ക് എന്തും കണ്ടോട്ടെ ഇല്ല അതുകൊണ്ടാണ് ഇല്ല ഇല്ല സത്വാജിത് സുഖരൂപമേവ സതതം സച്ചിദാനന്ദസ്വരൂപമായ ഒരു വസ്തുവേ ഉള്ളൂ നാഹം ഞാനില്ല എന്നാണ് ആചാര്യസ്വാമികൾ ഞാനില്ല ഹം നചത്വം നീ ഇല്ല മാഹം നജത്വം ഈ ജഗത്തില്ല പ്രദൃഷ്ടമഖിലം നാസ്തി നിന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ഒന്നും ഇവിടെ ഇല്ലെന്ന് മനസ്സിലാക്കൂ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കുഞ്ഞെ നിന്നോടുള്ള അനുകമ്പ കൊണ്ടാണ് ഈ ശാസ്ത്രീയമായ സത്യം ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത് ഇത് അവിശ്വസിക്കരുത് അവിശ്വസിച്ചാൽ ഈ ദുഃഖിക്കും അത്രയേ ഉള്ളൂ അവിശ്വസിക്കരുതെന്ന് നിന്നോടുള്ള കരുണ്യം കൊണ്ടും പറയുകയാണ് അല്ല ഞാൻ നിങ്ങൾ പറയുന്ന വിശ്വസിക്കുകയില്ല ഞാൻ എനിക്ക് തോന്നുന്നത് ആയിക്കോട്ടെ ഒരു രൂപമില്ല കൃഷ്ണനോട് അർജുനനോട് പറയുന്നത് പോലെ യഥേച്ഛസിനെ ഞാൻ പറഞ്ഞതൊക്കെ ഒന്നും നല്ലവണ്ണം ആലോചിച്ച് മനസ്സിലാക്കിയിട്ട് ഈ യഥേച്ഛസി തഥാ ഒരു നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ ഞാൻ അടയ്ക്കും നിന്നോട് യുദ്ധം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ നീ എനിക്ക് മനസ്സിലായെന്ന് പറയാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്തു ഒരു വിളവുമില്ല അതാണ് നമ്മുടെ ഋഷിമാരുടെ ആറ്റിറ്റ്യൂഡ് അവരുടെ മനോഭാവം അപ്പം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാര്യവും വേണമെങ്കിൽ ചെയ്യുക ഇതിനെ ഇതിലായി എന്തെങ്കിലും തെളിയിക്കാൻ കഴിയുന്ന ഒരു യുക്തി കണ്ടുപിടിക്കാൻ പറ്റുമോ സൂര്യൻ്റെ ഇതാ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു വളരെ സന്തോഷം എവിടെയാണ് കുഞ്ഞെ അതോ അത് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു പറയാം അത്ര ഒക്കു വേറെ ഒന്നും പറയാൻ ഒക്കില്ല അതുകൊണ്ടാണ് ജാതി മനുഷ്യരിൽ മാത്രമല്ല ജീവികളിലും ഗ്രഹങ്ങളിൽ പോലുമുണ്ട് ജാതി ജാതി കോമദേശ കാ ജാതി പ്രവൃത്തിക്ക പിന്നെ കർമ്മം പ്രവൃത്തിക്ക ഈ ജഡജയത്തിൽ ഓരോ പരമാണുവും ചലിക്കുകയാണ് ഓരോ നിമിഷവും കർമ്മം ചെയ്യുകയാണ് പരമാണ് ഓരോ ശക്തിസ്പന്ദനവും കർമ്മം ചെയ്യുന്ന ചലനം ചലനമാണല്ലോ കർമ്മം എന്തിനായി ഈ ശക്തിസ്പന്ദനം അല്ലെങ്കിൽ പരമാണോ എപ്പോഴും ചലിക്കുന്നത് അതുപോലെ സൂര്യചന്ദ്രാദി സവയൂ സടകങ്ങൾ സകലതും ചലിക്കുന്നു ഇടയ്ക്കൊരു പതിനാല് ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചതെന്താ സൂര്യനും ഭൂമിയുമൊക്കെ പ്രത്യേകം പ്രത്യേകം ചലിക്കുന്നു ഓരോ സൗരയൂഥവും ആരും കൂടി ഭാവന ചെയ്യാൻ കഴിയാത്ത വേഗത്തിൽ എങ്ങോട്ടോ പാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ലണ്ടനിൽ റിസർച്ച് ചെയ്ത പതിനാല് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത് എല്ലാ സൗരയൂഥവും ജെ ഒരുമിച്ച് സൂര്യൻ ഉൾപ്പെടെയുള്ള സൗരയൂഥ ഘടകം മുഴുവൻ ഒരു സൗരയൂഥമായ യൂണിറ്റ് മുഴുവൻ ഭാവന ചെയ്യാൻ കഴിയാത്ത വേഗത്തിൽ എങ്ങോട്ടോ പറഞ്ഞു കൊണ്ടിരിക്കുന്നു ജീവിത എന്തൊരു ഇതാണ് കർമ്മം അതുകൊണ്ട് കൃഷ്ണൻ പോലും പറയുന്നു കർമ്മം വെച്ചാൽ ഇല്ലാത്തതാണ് ഇതിനെ എങ്ങനെ തിട്ടപ്പെടുത്തി പറയാൻ കർമ്മം ഉണ്ടാവാനേ വയ്യ നിശ്ചലമായ വസ്തുവിൽ ചലനം എങ്ങനെ ഉണ്ടാവും രണ്ടും ഒരുമിച്ച് നിൽക്കില്ല അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് അർജുന ഗ്രഹന കർമ്മണോ ഗതി കർമ്മത്തിൻ്റെ ഗതിയൊന്നും ആർക്കും നിശ്ചയിക്കാൻ വയ്യ അപ്പോൾ ഈ ചോദ്യത്തിന് കാ പ്രവൃത്തി പ്രവൃത്തിക്കാ നിൻ്റെ പ്രവൃത്തി എന്ത് ചന്ദ്രനിലൊക്കെ പോകുമ്പോൾ അല്ലയോ ചന്ദ്രൻ നിൻ്റെ പ്രവൃത്തി എന്ത് അല്ല ഞാനിങ്ങനെ എങ്ങനെയൊക്കെയോ ചുറ്റുന്നു പിന്നെ എൻ്റെ കൂടെ ഓടുന്നു എന്തിനാ ഇത് എന്തിനാന്ന് എനിക്ക് നിശ്ചയമില്ല ു അത്രയുള്ളൂ വാസിഷ്ഠത്തിൽ പറയും പോലെ ഇവിടെ മനുഷ്യരെന്തു ചെയ്യുന്നു വലിയ ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ വാസിഷ്ഠൻ പറയുന്നത് അവരീം മുതുകിൽ ഇങ്ങനെ അടി അടിച്ചിട്ട് ഓടും എങ്ങോട്ടാണ് ഓടുന്നത് വാശിഷ്ഠൻ ചിലരെയൊക്കെ തടഞ്ഞു നിർത്തി ചോദിച്ചു ഓടി എവിടെയെങ്കിലും വീഴും എവിടെയെങ്കിലും മരിക്കും വീണ്ടും അവിടെ വീണ്ടും മുതുകിൽ ഓരോ സങ്കല്പം ഈ മുതലടിക്കുകയെന്ന് വെച്ചാൽ ഓരോ സങ്കല്പം എടുത്തിട്ട് ചന്ദ്രനെ പോകണം ആ സൂര്യനെ പോകണം ഓടും ഓടി മരിഞ്ഞു വീണ്ടും ഉണരുമ്പോൾ വശിഷ്ഠം ഒന്ന് രണ്ടുപേരെ പിടിച്ചു നിർത്തിയിരുന്ന വഴി അതാ കുഞ്ഞെ എന്തിനാണ് നീ ഓടുന്നത് നിനക്ക് എന്ത് കിട്ടി എന്തിനാണ് നീ ഓടുന്നത് അപ്പോൾ ചിലർ ഇടം മാറി നിൽക്കും എൻ്റെ ഇഷ്ടം മനസ്സ് ഞാൻ മനസ്സും എൻ്റെ മനസ്സാണ് ഇയാൾ ആരാ ചോദിക്കാൻ മാറിപ്പോ എന്ന് പറഞ്ഞ് അവർ വീണ്ടും ഓടും ചിലർ വാസ്തുവാണല്ലോ ഞാൻ എന്തിനാണ് ഓടുന്നത് എന്ന് പറഞ്ഞ് ഒന്ന് തടഞ്ഞു നിൽക്കും അപ്പോൾ അവരുടെ അവയവങ്ങളൊക്കെ കൊഴിഞ്ഞു വീഴും എന്നൊക്കെ വസിഷ്ഠൻ പറയുന്നുണ്ടേ എന്നുവെച്ചാൽ എന്തിനാന്ന് ചിന്തിക്കുമ്പം മനസ്സ് പോവും ബുദ്ധി പോവും ഭേദചിന്തകൾ പോവും രാഗദ്വേഷങ്ങൾ പോവും അവർ സച്ചിദാനന്ദമായി മാറും അവർക്ക് പിന്നെ എന്ത് കാലം എന്ത് പ്രവൃത്തി പ്രവർത്തിക്കിയത് വയഹ വയസ്സ് കാലത്തിൻ്റെ ചോദ്യമാണ് കാലം എന്ത് കാലമാണ് എവിടെ ഇരിക്കുന്നു കാലം സൂര്യനും ചന്ദ്രനും ഒക്കെപ്പോലും ഒരു നിശ്ചയവും എങ്ങോട്ടോ പാഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് എങ്ങോട്ടോ ഒന്നുമില്ല പാഞ്ഞ് പാഞ്ഞ് ഇല്ലാതാവും ജനിച്ചു മരിക്കുന്നതാണിവയൊക്കെ സൂര്യന്മാരുൾപ്പെടെ നമ്മുടെ വാദാചാര്യരും മറ്റും പറയുന്നു ജനിച്ചു മരിക്കുന്നത് ഇല്ലാത്തതാണെന്ന് അറിയൂ കാരണം ഉള്ളതിലും ജനിക്കേണ്ട കാര്യമില്ല മരിക്കേണ്ട കാര്യമില്ല ജനിച്ചു മരിക്കുന്നതൊക്കെ ഭ്രമമാണ് ഭ്രമം വാസ്തവമല്ലേ എന്തിനു ജനിച്ചു എന്തിനു മരിക്കുന്നു വീണ്ടും എന്തിനു ജനിക്കുന്നു അത്ഭുതകരം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ആർക്കും പിഴിതരില്ല മായ ഇന്നു വരെ പിടികിട്ടിയിട്ടില്ല ഇനി ഒരിക്കലും പുറമേ അന്വേഷിക്കുന്നവർക്ക് പിടികിട്ടാനും പോകുന്നില്ല ഇതറിഞ്ഞുകൊണ്ട് ഇത്യാദി ചർച്ചകൾ പരമാവധി ഒഴിവാക്കുക പിന്നെ അത്യാവശ്യം വ്യവഹാരത്തിന് വേണ്ടതൊക്കെ ഇല്ലെന്നറിഞ്ഞുകൊണ്ടൊരു നാടകത്തിൽ പോലെ ചോദിച്ചുകൊടുക്കാം അല്ലാതെ ചോദിച്ചിട്ടൊരു കാര്യമില്ല ഒരു പ്രയോജനവും ഇല്ല രാഗദ്വേഷങ്ങൾ ഒരു പ്രയോജനവും ഇല്ല ഇതാണ് നിർവൃത്തി പഞ്ചകത്തിലെ പ്രതിപാദ്യം ചുരുക്കത്തിൽ നിങ്ങൾക്ക് ബ്രഹ്മാനുഭവം ആവശ്യമുണ്ടോ ഇതാണ് ഇതിൽ പറയുന്നത് ഈ പലതു കാണുന്നത് പലതെന്ന രീതിയിൽ ഇല്ലേയില്ല ഒക്കെ ഒന്ന് ഇത് ഉറപ്പ് നിർവൃതി വേറെ വിദ്യകൾ കൊണ്ടൊന്നും നടക്കില്ല കാരണം ശാസ്ത്രീയമായ സത്യനിത് മാത്രം വേറൊരു സത്യമില്ല അത് കുറേശെങ്കിലും ഏതാനും ജന്മങ്ങൾ കൊണ്ടെങ്കിലും സാറേ ജന്മം ഇല്ലല്ലോ അല്ല ജന്മഭ്രമങ്ങൾ കൊണ്ടെങ്കിലും നേടാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക അതിനത്യന്തം ഉപകരിക്കുന്ന ഒരു കൃതിയാണ് എന്ന് യാതൊരു ഭേദചിന്തയും അനുവദിക്കുന്നില്ല ഈ നിർവൃത്തി പഞ്ചകൻ ഇത്യാദി വാദവും ഉപരിതരി യസ്യ ഇത്തരം ലൗകിക ചർച്ചകൾ സംഭാഷണങ്ങൾ ആർക്കാണോ എന്നേക്കുമായി വിട്ടുപോയത് തസൈവ നിർവൃത്തി അദ്ദേഹത്തിന് മാത്രമേ തസൈവ അദ്ദേഹത്തിന് മാത്രമേ നിർവൃത്തി പരമമായ ആത്മസുഖം മോക്ഷസുഖം കിട്ടാൻ സാധ്യമാകും നമുക്കും ഈ മോക്ഷസുഖത്തോട് ക്രമേണ അടുക്കാനുള്ള കരുത്ത് ജഗതീശ്വരൻ തന്നനുഗ്രഹിക്കട്ടെ നമസ്കാരം